ആകാശത്തുനിന്ന് വെള്ളമിറക്കി അതിലൂടെ മരിച്ച ഭൂമിയെ ജീവിപ്പിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ അള്ളാഹുസുബാനഹുവത്തയാലു പറയും നീ പറയുക സർവസ്തുതിയും അള്ളാഹുസുബഹാനഹുവത്ത ആലക്കാണ് എന്നാൽ അവരിൽ ഭൂരിഭാഗവും ചിന്തിക്കുന്നില്ല